ആത്മാവിനെ നേടിയെടുക്കാൻ പറ്റില്ല അനാത്മാവിനെ അങ്ങോട്ട് വിട്ടു കഴിയുമ്പോൾ വിട്ട് വിടുക എന്ന് വെച്ചാൽ അവഗണിച്ചു കഴിയുമ്പോ ഉള്ളത് ആത്മാവാണ് അത് നിങ്ങളുടെ സ്വരൂപമാണ് അത് നിങ്ങളാണ് ആർക്കാണ് ലോകത്തിൽ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ഇല്ലാത്തവർ പറയൂ ഇത്ര സിമ്പിളാണ് ഡയറക്ടാണ് ഇതിന് ഭഗവത്ഗീത പോലും ആവശ്യമില്ല ഹൃദയ കാണാതെ പഠിച്ച ബുദ്ധിമുട്ടി ഇത്ര സിമ്പിളാണ് നേരിട്ടുള്ള സത്യമാണ് ഇതിൽ ബുദ്ധിമുട്ട് ഏടാ കൂടെ എന്താന്ന് വെച്ചാൽ നമ്മളുടെ മറന്നുപോയിക്കളയും ഒരു കാര്യം വേറൊന്നും ഓരോ സ്വഭാവവും പല ആഗ്രഹങ്ങളും ഒക്കെ ഇടയിലേക്ക് എറി വന്നിട്ട് ബുദ്ധിമുട്ടി ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഇടതടമില്ലാതെ ഉള്ളിൽ ആരായാമെങ്കിൽ അല്ലെങ്കിൽ ചെവി ഉള്ളിലേക്ക് തിരിച്ചു പിടിച്ച് ഈശ്വരൻ നിരന്തരം ഒരു ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹൃദയത്തില് അഹമഹമഹം എന്നൊരു മന്ത്രം അനുസ്യൂത മഹാമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കേൾക്കാമെങ്കിൽ നിങ്ങൾ പൂർണവും തദ്ധയ തദാത്മാന തന്നിഷ്ഠാ തത്പരാണാ ഗ്യപുനരാവൃത്തിം ജ്ഞാനനിർദ്ധൂതകൽമൊണ്ട് എല്ലാ കൽമഷമും പോയി കളങ്കമൊക്കെ പോയി തൻ നിഷ്ഠാഹ തത്പായണാഹ അത് തന്നെ ജീവിതത്തിന് ലക്ഷ്യം അത് ചിന്തിക്കുന്നു അത് മനനം ചെയ്യണു അങ്ങനെ നിരന്തരം ഇരുന്നാൽ ഗന്തി അപുനരാവൃത്തി വീണ്ടും ഈ സംസാരത്തിലേക്ക് വരു വരുക എന്ന് കാര്യമില്ല അല്ലെങ്കിൽ വന്നു പോകുന്നു ആത്മതീർത്ഥം വായിച്ചിട്ട് ചില ആളുകൾക്ക് പറഞ്ഞു അവ്യാസനും ശങ്കരാചാര്യനും സംസാരിക്കുമ്പോ ഈ പുനർജന്മം സ്വാമി അത് വായിച്ച വല്ലാതെ പേടി തോന്നുന്നു എന്താന്ന് വെച്ചാ ഊ മരിച്ചു കഴിഞ്ഞാ പിന്നെയും ഒന്നും കഴിഞ്ഞില്ല ഇവിടുന്ന് പിന്നെയും ലഗ്ഗേജൊക്കെ എടുത്ത് പുറപ്പെടുകയാണ് ഒന്നും വിട്ടുപോണില്ല ഇവിടുത്തെ ദുരിതങ്ങളൊക്കെ കൊണ്ടുപോവാണ് ഏടാകുളങ്ങളൊക്കെ കൊണ്ടുപോവാണ് അത് ആ സംവാദം തന്നെ എന്തിനാണ് വെച്ചാൽ ചിലരൊക്കെ വിചാരിക്കുന്നത് ഞങ്ങൾക്കിപ്പോ എൺപത് വയസ്സായി തൊണ്ണൂറ് വയസ്സായി ഇത്രയും കാലപ്പം ഇതൊക്കെ ഇല്ലാതെ കഴിച്ചു കൂട്ടി ഇനിയിപ്പൊന്നും അങ്ങനെ മരിച്ചിട്ട് രക്ഷപ്പെടാനൊന്നും പറ്റില്ലാന്ന് അറിയാമെന്ന് ആത്മജ്ഞാനം ഇല്ലാതെ യു കനോട്ട് എസ്കേപ് നാന്യത്തെ അയനായ ഭഗവാന്റെ ഒരു വാക്ക് ചുങ്കച്ചാവടി തപ്പാത് എന്ന് രക്ഷപ്പെടാൻ പറ്റാ ചെക്ക് പോസ്റ്റ് എന്ന് രക്ഷപ്പെടാൻ പറ്റില്ലായിരുന്നു അവനവന്റെ സ്വരൂപത്തിനെ അറിയാതെ ശാന്തി ഉണ്ടാവില്ല ഇത് തന്നെയാണ് ഉപനിഷത്തിന്റെയും ഭഗവത്ഗീതയുടെയും ഒക്കെ ലക്ഷ്യമായ അർത്ഥം ഇതില് ഗീതാ താത്പര്യം ഇതാണ് ഉപനിഷ താല്പര്യം ഇതാണ് വേദാന്തശാസ്ത്രം എന്ന് പറയുന്നത് ഇതാണ് ഇത്രയൊക്കെ ഉള്ളു ഇത് ആന്തരികമായി അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നീട് പിന്നെന്താണ് ഈ ലോകം എന്താണ്പം അപ്പോ ഞാനീടെ ദൃഷ്ടിയിൽ ഈ ലോകമെന്ന് പറയണത് ഈ ആത്മാവന്റെ തന്നെ അദ്ഭുതമായ ഒരു ശക്തിയുടെ ലീലാവിലാസ കേന്ദ്രമാണ് ഇത് പ്രപഞ്ചം എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു പവർ ഇല്ലേ അപ്പൊ മായ മായ എന്ന് പറയുന്നത് ഈ മായ എന്താണെന്ന് അറിയണമെങ്കിൽ ആത്മാവനെ അറിഞ്ഞാലേ മായേ അറിയുള്ളൂ അല്ലെങ്കിൽ മായ അറിയില്ല മായ എന്ന് പറയണത് ആ ശക്തി ഈശ്വരന്റെ ഒരു ശക്തി ആ ശക്തിയുടെ പ്രകടനമാണ് ഈ പ്രപഞ്ചം മുഴുവനും അതിന്റെ വിലാസമാണ് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം നമ്മളുടെ ജീവിതത്തിലുള്ള എല്ലാ മൂവ്മെന്റ്സ് ആ ഡൈനാമിക് പവർ അത് മുഴുവൻ ഇപ്പൊ അഗ്നിയിൽ നിന്നും ഇങ്ങനെ സ്ഫുലിംഗങ്ങൾ വരുന്ന പോലെ സ്പാർക്സ് വരുന്ന പോലെ ഈ ബോധത്തിൽ നിന്നും ചൈതന്യത്തിൽ നിന്നും സ്പുലിംഗങ്ങൾ തെറിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം മുഴുവൻ അതിൽ ചിലതൊക്കെ നല്ലവണ്ണം ഉജ്ജ്വലമായിട്ട് പ്രകാശിക്കുന്ന വിഷയങ്ങളായിരിക്കും അതിനെ വിഭൂതി എന്ന് പറഞ്ഞു പക്ഷെ വാസ്തവത്തിൽ വിഭൂതി അല്ലാത്തത് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല ഭഗവാൻ പറയണതേ ഹേ ഇവിടെ കാണുന്നത് മുഴുവൻ എന്റെ വിഭൂതിയാണ് ഈശ്വര വിഭൂതി അല്ലാത്ത ഒരു സാധനം ഇവിടെ ഇല്ല ഈശാവാസ്യമിതം സർവം അല്പം പോലും ഈശ്വരന് സാധിക്കാത്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഇല്ലാതാവാൻ അദ്ദേഹത്തിന് സാധിക്കില്ല ഈശ്വരന് സാധിക്കാത്ത ചില കാര്യ ഇല്ലാതാവുക എന്ന് അദ്ദേഹത്തിന് പറ്റില്ല അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ഉണ്ടാവാനും പറ്റില്ല സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളൊന്നും ഈശ്വരനിലില്ല നിത്യനിരന്തര നിത്യപ്രാപ്തി സ്വരൂപം അതുകൊണ്ട് ചിലത് വിശേഷമായിട്ട് പ്രകാശിക്കുമ്പോ അതിനെ വിഭൂതി എന്ന് പറയണു വിഭൂതിയുടെ ആവശ്യം എന്താണ് വച്ചാൽ നമ്മളുടെ മനസ്സിനെ അന്തർമുഖമാക്കി ഈശ്വര സാക്ഷാത്കാരത്തിന് ഇപ്പൊ ഈ പറയുന്ന ഗീതാ തത്വമൊക്കെ നമുക്ക് മനസ്സിലാക്കാറുള്ള ഒരു ശക്തി തരാൻ എന്തോ ഒരു ആവശ്യമുണ്ട് ചില മരുന്നൊക്കെ നമ്മൾ കഴിക്കണില്ലേ ഉറക്കം വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണു ഒരു ഉറക്കത്തിന് ഒരു ഉറക്ക ഗുളിക കഴിക്കണം എന്തെങ്കിലും സൂക്കേട് വരുമ്പോ മരുന്ന് കഴിക്കണം തനിയതന സിസ്റ്റം ശരിയാക്കലും ശരിയാക്കും ചില സമയത്ത് നമ്മൾ കേടുവരുത്തിയതിന് എന്തെങ്കിലും ഒരു മരുമരുന്ന് കഴിക്കണ പോലെ മനസ്സ് വികലമായി കഴിയുമ്പോ ശാന്തി ഇല്ലാതാവുമ്പോ സമാധാനം ഇല്ലാതാവുമ്പോ ഉള്ളിൽ കിടന്ന് വിഷമിച്ച് വേദനിച്ച് ആഗ്രഹിക്കുമ്പോ അന്തര്യാമി തന്നെ ഒരു രൂപത്തിൽ വന്ന് നമുക്ക് ഉപദേശിച്ചിട്ടോ മന്ത്രം ഉപദേശിച്ചിട്ടോ ജ്ഞാനം ഉപദേശിച്ചിട്ടോ നമ്മളുടെ മനസ്സിനെ ശാന്താക്കി ലോകവിലമായ ഒരു തത്വത്തിനെ ബോധിപ്പിക്കും അതാണ് ലോകത്തില് നമ്മൾ കാണുന്നതൊന്നും അല്ലാത്ത ഒരു സാധനം അതാണല്ലോ ഈശ്വരൻ എന്ന് പറഞ്ഞത് നമ്മൾക്ക് എങ്ങനെ പറഞ്ഞാലാണോ ബോധിക്കുക അങ്ങനെ ഉപദേശിക്കുന്നത് നമുക്ക് വിഭൂതി അതുകൊണ്ട് സംസാരത്തിലെ ഏറ്റവും വലിയ വിഭൂതി എന്ന് പറയുന്നത് ഗുരുവാണ് എല്ലാവർക്കും ഒരു ഗുരു പതിലീശ്വരൻ ആത്മാവായി ഗുരുവായി എല്ലാവരുടെ ഉള്ളിലുണ്ട് അല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ഒരേ ഗുരു പോരേ ഒരേ ഉപദേശം പോരേ ശരിയാവുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ വാസന സംസ്കാരമൊക്കെ ഉണ്ട് അതിനനുസരിച്ച് വരണ്ടിയിരിക്കുന്നു അപ്പൊ മുക്തിക്ക് തക്കൊരു ഉപദേശം നൽകും ജനനമറ്റിയിടുമെന്നവനു നാരായണായനമാ മുക്തിക്ക് തൊരു ഉപദേശം നൽകുന്നതാണ് ഇയാൾക്ക് എങ്ങനെ പറഞ്ഞാലാണോ ഇയാൾക്ക് ബോധിക്ക ഇയാളുടെ പർട്ടിക്കുലർ ഉപാധിയിലെ സംസ്കാരവാസനയ്ക്കനുസരിച്ച് ഋജു കുട്ടില നാനാ പഥജുഷാം നൃണാമേകോ ഗമ്യഹ ത്മസി പയസാം അർണവൈവ ശിവമഹിംന സ്ത്രോത്രത്തിൽ ഒരു ശ്ലോകാണ് പല മാർഗങ്ങളുണ്ട് ലോകത്തില് ഋജു കൂട്ടില നാനാപഥുഷന്ന് എല്ലാവർക്കും രുജു മാർഗം പറ്റില്ല അപ്പൊ രമണ മഹർഷിയുടെ ഭഗവാന്റെ മാർഗത്തിന് ഞങ്ങൾ പറയണത് ഋജു മാർഗം എന്നാണ് സ്ട്രേറ്റ് അതിൽ സംശയമില്ല അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സംശയത്തിന് സ്ഥലമില്ല അനുഭവത്തിനും ഉപദേശത്തിനും നടുവിൽ ഗ്യാപ്പ് ഇല്ല ഒന്നുമില്ല പക്ഷേ അത് റോക്കറ്റ് പോണ പോലെയാണ് ചിലർക്ക് കുറച്ച് ചുറ്റി വളഞ്ഞു തന്നെ വരണം എന്ന് തോന്നും ഋജു കൂട്ടിലാൻ ആനാപഥിഷം എല്ലാം സമ്മതമാണ് പല വിധത്തിലുള്ള വഴികളുണ്ട് ലോകത്തില് ആ പല മാർഗങ്ങളുടെ രൂപത്തില് പുറത്ത് വരുന്ന ശക്തിയെ നമ്മൾ വിഭൂതി എന്ന് പറയുന്നു ഋജുമാർഗം ഉപദേശിക്കുന്നതും ഒരു വിഭൂതി അല്ലേ ഇപ്പൊ ഋജുമാർഗം ഉപദേശിക്കേണ്ട ആവശ്യം എന്താ നമ്മൾ പൂർണ്ണമല്ലേ ഇപ്പൊ എന്തിനാകുന്നു ഉപദേശിക്കുന്നത് അപ്പൊ ഒരു ദോഷമുണ്ട് ആ ദോഷം നിവർത്തിപ്പിക്കാൻ ഋജുമാർട്ടും ചിലർക്ക് ദോഷം കുറച്ച് കൂടുതലാണോ കുട്ടില മാർഗം ഉപാസനാ മാർഗമുണ്ട് പല ഉപദേശിച്ച് എങ്ങനെയെങ്കിലും ഒരു വഴിക്ക് നമുക്ക് ഒരു സമാധാനം ഉണ്ടായ നമുക്കതാണല്ലോ വേണ്ടത് നമുക്ക് ബാക്കിയൊക്കെ തീരുമാനിച്ചിട്ട് എന്ത് വേണം ഇയാൾ വലുതാണോ അയാൾ വലുതാണോ ഈ മതം വലുതോ ആ മതം വലുതോ ഈ സമ്പ്രദായമാണോ ആ സമ്പ്രദായമാണോ ഇതൊക്കെ എന്തിനൊ തലയിലെഴുത്ത് എനിക്ക് ശാന്തി എനിക്ക് സമാധാനമാണ് എങ്ങനെ ഉപദേശിച്ചാലാണോ യഥാതാ ഭവേത് പുംസാം വ്യുത്പത്തി പ്രത്യഗാത്മനിവ പ്രക്രിയാജ്ഞേയാതാണ് ശാസ്ത്രകാരന്മാരുടെ അഭിപ്രായം എങ്ങനെ എങ്ങനെ പറഞ്ഞാലാണോ ഇവരുടെ ബുദ്ധിയിൽ വ്യുത്പത്തി പ്രത്യകാത്മനി ആത്മാവില് ബുദ്ധി പ്രവേശിക്കുക അത് തന്നെയാണ് അതാത് വ്യക്തിക്കുള്ള പ്രക്രിയ അതാത് വ്യക്തിക്കുള്ള പ്രോസസ് അപ്പോ ഇതിൽ പല ആളുകൾക്ക് പല വിധത്തിലുള്ള ശ്രദ്ധയുണ്ട് പല മാർഗങ്ങളുണ്ട് അതിനെയൊക്കെ ഗ്രഹിച്ചും കൊണ്ട് സർവേശ്വരൻ അതാത് വ്യക്തികൾക്ക് ഉപദേശിക്കാവുന്ന ഒരു രൂപം ഗ്രഹിച്ചുകൊണ്ട് മുൻപിൽ വരണതാണ് വിഭൂതി വാസ്തവത്തിൽ അഹമാത്മാ ഗുഡാകേശ എന്നുള്ളത് വിഭൂതി നല്ല പക്വമാണെങ്കിൽ ഭഗവാൻ ഉള്ളിലുണ്ട് അറിഞ്ഞാൽ മതി കഴിഞ്ഞു പറഞ്ഞു അങ്ങേ എടുത്തുപോയി ഞാൻ എന്തു ഭഗവാനെ ത്വം ശർവ സർവാതാം എല്ലാവരുടെ ഉള്ളിലും योगक्षेम दृष्टा യോഗക്ഷേമധുരന്ധരസ്സലശ്രേയോദ്യോഗിനൃഷ്ടാദൃഷ്ടമോപദേശ്യന്തരവ്യാപ്ഞയം വേദിതയ शंभोत्वं പരമാരംഗയി മേ ചിത്തേ സ്മരാമ്യന്വഹം എനിക്ക് ഒറ്റ സാധനേ ഉള്ളൂ ചിത്തേ സ്മരാമ്യ അന്വഹം നിരന്തരം ഞാൻ സ്മരിക്കണം എന്താ സ്മരിക്കണത് പരമാന്തരംഗ എന്റെ ഉള്ളിന്റെ ഉള്ളില് ഉള്ളില് എല്ലാം കണ്ടുകൊണ്ട് സാക്ഷിയായിട്ട് അമ്മയെക്കാളും അച്ഛനേക്കാളും ബന്ധുക്കളെക്കാളും എല്ലാം ഒന്നിച്ചൊരു പൊരുള് ചില ചില കാര്യത്തിന് അമ്മ ചില കാര്യത്തിന് അച്ഛൻ ചില കാര്യത്തിന് ഗുരു വേണം ചില കാര്യത്തിൽ ബന്ധുക്കൾ വേണം ചിലതിന് ഭർത്താവ് വേണം ചിലതിന് ഭാര്യ വേണം ചിലതിന് സ്വത്ത് വേണം അല്ലേ ഭഗവാൻ ഗീതയിൽ പറഞ്ഞു എല്ലാം കൂടി ഒരേ ഒരു ഒരു സാധനം അങ്ങനെ എന്താ പിതാഹമസഗത മാതാ ദാത പിതാമഹ മുത്തശ്ശൻ മുത്തശ്ശന്റെ അച്ഛൻ പിതാമഹ ുടെ പൂർത്തിയില് ഉള്ളില് ജ്ഞാനം നേടിക്കഴിഞ്ഞാലും വ്യവഹാരത്തിലേക്ക് ശരീരത്തിന് മണ്ഡലത്തിൽ വരുമ്പോ ജ്ഞാനിക്കൊരു സുഖണ്ട ശുതി പാണ്ഡിത്യം നിർവിദ്യ ബാല്യേണ തിഷ്ഠാസേത് പാണ്ഡിത്യം വെച്ചാൽ ജ്ഞാനമാണ് പാണ്ഡിത്യം നിർവിദ്യ എന്ന് വെച്ചാൽ നിശേഷേണ കൃത്വ നല്ലവണ്ണം തെളിഞ്ഞ ജ്ഞാനം വന്ന ശേഷം കുട്ടികൾ പോലെ ആവണം കുട്ടികളുടെ സന്തോഷം എന്താന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒന്നും നോക്കാനില്ല ഒന്നും ചെയ്യാനില്ല അച്ഛൻ ചെയ്തോളും അമ്മ ചെയ്തോളും അല്ലേ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ കുട്ടികൾക്ക് അച്ഛനും ഉണ്ട് അമ്മയുണ്ട് അതൊക്കെ അച്ഛനും അമ്മയും നോക്കിക്കോളൂ എന്ന് പറയുന്ന കുട്ടിയുടെ സ്വാതന്ത്ര്യം പോലെ അതാണ് ശങ്കരാചാര്യർ പറഞ്ഞ മാതാ ചാർവതി ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ ശിവ സ്വദേശോ ഭുവനത്രയം ലോകം മുഴുവനും കുടുംബം പോലെയായി അച്ഛന് ഭഗവാൻ അമ്മ പാർവതി പറഞ്ഞാൽ എല്ലാ തന്നെ ഞാൻ ശരീരമണ്ഡലത്തിൽ വരുമ്പോ ആ ഈശ്വരന്റെ ശക്തിവിശേഷത്തിനെ നിരന്തരം അനുഭവിക്കുന്നു ഇത് അനുഭവിക വേദ്യമായി വിശേഷമാണ് ഞാൻക്ക് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ ആത്മാ തന്നെ ശരീരമനോമണ്ഡലത്തിലേക്ക് ലോകമണ്ഡലത്തിലേക്ക് വരുമ്പോ ഞാനിക്ക് അച്ഛനായിട്ടും അമ്മയായിട്ടും ബന്ധുവായിട്ടും സുഹൃത്തായിട്ടും അതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലെ പറയാനായിട്ട് ശ്രമിക്കണത് പിതാഹമസ്യ ജഗത മാതാ ധാത്ത പിതാമഹ വേദ്യം പവിത്രം ഓംകാര അതായത് അച്ഛൻ അമ്മ ബന്ധു അറിവ് ചിസ്വരൂപമായ വസ്തു റിക്സ് റിക്ക് സാമം യജുസ് ഗതി ഭർത്ത പ്രഭു സാക്ഷി ഇരിപ്പിടം നിവാസ ശരണം സുഹൃത്ത് പ്രഭവപ്രളയസ്ഥാനം ഭരിക്കുമ്പോ നല്ല സുഖം എന്താണെന്ന് വെച്ചാ ഒരു വലിയ ടൂർ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആളുടെ സന്തോഷം പോലെയാണ് എന്താന്ന് പോണ സ്ഥലം വീടാണെന്ന് അറിഞ്ഞ പിന്നെ എത്ര സുഖം അല്ലെ തമിഴില് മുക്തി എന്നുള്ള വാക്കിന് തന്നെ വീട് എന്നാണ് പേര് വീട് എന്ന് വെച്ചാ മുക്തി വീട് എന്ന് വെച്ചാ ഈ ഗൃഹം നിർത്തല്ല അത് പിന്നെ വന്നത് വീട് എന്ന് വെച്ച വിട്ടുപോകണതാണ് വീട് അപ്പോ മരിച്ചുപോകുമ്പോൾ ഒരു സന്തോഷം എന്താന്ന് വെച്ചാൽ എവിടേക്കാ പോണെന്നറിയേ പ്രളയസ്ഥാനം അറിയാം അങ്ങനെ ആ അവയമായ ആ ബീജത്തിനെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ജാനീ ശരീരത്തോടെ ഇരിക്കുമ്പോ ലോകത്തിലിരിക്കുമ്പോ ഈശ്വരനെ നിരന്തരം അനുഭവിച്ചു ഈശ്വരന്റെ കരുണാശരീരത്തിനെ നിരന്തരം അനുഭവിച്ചു അവിടെയാണോ ആനന്ദം അപ്പോഴാണ് ആനന്ദം വരണത് അല്ലെ ആ ശക്തിയുടെ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ആനന്ദം സ്വരൂപത്തിലേരിക്കുമ്പോൾ ശാന്തി ആത്മാംബോധേ തറങ്കോസ്മിതി ശങ്കരാചാര്യർ ഭരണത്തെ വ്യവഹരിക്കുമ്പോൾ ഞാനിക്ക് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ആത്മാനന്ദമാകുന്ന കടലില അലയടിക്കണമെന്നാണ് അത്രേ ഉള്ളൂ ഇളകണ് ഒന്നും അളകണില്ല ആത്മാനന്ദ സമുദ്രത്തിൽ അലയടിക്കണോ അത്രേ ഉള്ളൂ വ്യവഹാരത്തിൽ എന്തൊക്കെ നടക്കണു ഇവിടെ കാണുന്നതൊക്കെ തന്നെ ഈശ്വരന്റെ ശക്തി ഇത് ശക്തിവിശേഷമാണ് സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം ഈശ്വരന്റെ ശക്തി വിശേഷമാണ് ഇതൊക്കെ എപ്പൊ അറിയും ഇതൊക്കെ ഇപ്പൊ പറഞ്ഞാലും ആത്മജ്ഞാനം വരണവരയ്ക്കും നമുക്കിതൊരു ഐഡിയ ആയിട്ടേ ഇരിക്കുള്ളൂ ഉള്ളിലാ ചിത്തിനെ നിർവിശേഷമായ ചൈതന്യത്തിനെ കണ്ടു കഴിഞ്ഞിട്ട് വ്യവഹാരത്തിലേക്ക് വരുമ്പോഴാണ് ാണ് വിശ്വരൂപദർശനം എന്ന് പറയുന്നത് ഋതകം സത്യം പരം ബ്രഹ്മപുരുഷം കൃഷ്ണപിംഗലം ഊർധ്വരെതം വിരൂപാക്ഷം വിശ്വ നമോ നമ ഒരു ശ്ലോകം ഋതം സത്യം പരം ബ്രഹ്മ പുരുഷം കൃഷ്ണ പിംഗലം ഒരു കൃഷ്ണപുരുഷൻ ഒരു പിംഗലപുരുഷൻ ശ്യാമം ശബളം എന്ന് ശ്രുതി പറയുന്നുണ്ട് ഉള്ളില് തിരിഞ്ഞു നോക്കുമ്പോൾ കൃഷ്ണം പുറമേക്ക് നോക്കുമ്പോൾ പിങ്കളം പിങ്കളം എന്ന് വെച്ചാൽ മൾട്ടിക്കളേഡ് കൃഷ്ണം എന്ന് വെച്ചാൽ ആകർഷിക്കണത് എന്നർത്ഥം ഗൂഢമായ ഹൃദയത്തിന്റെ വർണ്ണം അത് കൃഷ്ണം കറുപ്പെന്ന് മാത്രം അർത്ഥമല്ല ഏക പുറമേക്ക് നോക്കുമ്പോ പിങ്കളം ആ ഒരേ പുരുഷൻ തന്നെ ഋതം സത്യം പുറമേക്ക് നോക്കിയാൽ ഋതം അകത്തേക്ക് നോക്കിയാൽ സത്യം ഋതം സത്യം പരം ബ്രഹ്മാ പരം ബ്രഹ്മം രണ്ടു രൂപത്തിലും നിക്കണു പ്രപഞ്ചരൂപത്തിലെ ഋതമായിട്ടും ഹൃദയത്തിലെ സത്യമായിട്ടും കൃഷ്ണ പിങ്കളം ഊർധ്വരേതം വിരൂപാക്ഷം ഊർധ്വരേതസ് എന്ന് വെച്ചാൽ ശക്തിയൊക്കെ ഊർജത്തിനെയൊക്കെ അന്തർമുഖമാക്കിയ യോഗികളില് വിരൂപാക്ഷ ശിവൻ ഒരു പേര് വിരൂപാക്ഷൻ എന്ന് ഭഗവാൻ ഇവിടെ വിരൂപാക്ഷൻ എന്ന് പേര് യോഗികൾക്കും വിരൂപാക്ഷന്മാര് എന്ന് പേര് വിരൂപാക്ഷുവെച്ചാൽ അക്ഷം എന്ന് വെച്ചാൽ കണ് ഇന്ദ്രിയങ്ങള് അത് പൊതുവെ രൂപത്തിന് നേരെയാണ് പോണത് ഇതിപ്പോ രൂപത്തിൽ നിന്നും വിരൂപമായിട്ട് ചിത്തിന് നേരെ തിരിഞ്ഞതുകൊണ്ട് രൂപത്തിനെ ഗ്രഹിക്കുന്നതിന് പകരം ആത്മാവിനെ ഗ്രഹിക്കുന്ന അക്ഷം വിരൂപാക്ഷം അങ്ങനെ ഗ്രഹിച്ചു കഴിയുമ്പോ എന്താവണം എന്ന് വെച്ചാൽ അകമയ്ക്കുള്ള കൃഷ്ണ പുരുഷനെയും പുറമേക്കുള്ള പിങ്കള പുരുഷനെയും നമോ നമ ത്രിപുടിയില്ലാത്ത ദർശനം ഇപ്പൊ ഞാൻ പറയണതൊക്കെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോ എന്തോ ഒരു ഭാഷയിൽ പോലെ ഉണ്ടാവാം അല്ലേ അതാണ് അതിന്റെ വിശേഷം നമുക്ക് അനുഭവത്തിൽ വരുമ്പോ നമുക്കിത് ഒരു ആനന്ദമാണ് അപ്പോ ഭഗവാൻ ഇത്രയൊക്കെ നമുക്ക് ഗീതയിൽ പറഞ്ഞു കഴിഞ്ഞു ഒമ്പതാം അധ്യായത്തിൽ വിഭൂതി പറഞ്ഞു വിശേഷമായ ഈശ്വര സാന്നിധ്യത്തിന് അനുഭവിക്കുന്നതിനൊക്കെ പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ വിശ്വരൂപദർശനത്തിന് ഈ അധ്യായത്തിൽ പറയാൻ പോളൂ വിശ്വത്തിനെ മുഴുവനും ഈശ്വരസ്വരൂപമായി ഈശ്വരൻ എന്ന് വെച്ചാൽ ശക്തി എന്നർത്ഥം വേദാന്തപരമായിട്ട് ഈശ്വരൻ എങ്ങനെ പറയും ശക്തി അകത്തേക്ക് ആത്മാവായിട്ട് കാണുമ്പോ ചിത്ത് അതിന് ശക്തിയല്ല ശക്തി ഒടുങ്കിടവും ഭഗവാൻ പറഞ്ഞു ആത്മാവിനെ അറിയുമ്പോൾ ശക്തി ഒക്കെ ഇവിടെ നിശ്ചലം വ്യവഹാരത്തിലേക്ക് വരുമ്പോ ശക്തി പ്രപഞ്ചം മുഴുവൻ ആ ശക്തിയുടെ സ്വരൂപമാണ് ആ ശക്തിയുടെ മണ്ഡലത്തിലേക്ക് വരുമ്പോ ഒരാനന്ദ ആനന്ദം തന്നെയാണ് ഭക്തി എവിടെ നോക്കുമ്പോഴും യാവി സർവഭൂത ശക്തിരൂപേണ സംസ്ഥിത സ്മൃതിരൂപേണ സംസ്ഥിത ഭ്രാന്തിരൂപേണ സംസ്ഥിത ക്ഷുതാരൂപേണ സംസ്ഥിത ൂപേണ സംസ്ഥിത ബുദ്ധി രൂപേണ സംസ്ഥിത എന്തൊക്കെ രൂപം വേണമെങ്കിലും നിങ്ങൾക്ക് ഇനി ചേർക്കാമതില്ല ദേവി മഹാത്മ്യത്തിൽ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ കാണുന്ന മാനിഫെസ്റ്റഡ് ഫോഴ്സസ് ഒക്കെ തന്നെ അതിന്റെ സ്പാർക്കാണ് അതിനെയൊക്കെ ഞാൻ ഈ കാണുന്നത് എങ്ങനെ ഈശ്വരന്റെ തന്നെ ശക്തി വിശേഷമായിട്ടാണോ അറിഞ്ഞു കഴിയുമ്പോൾ ഇത് മുഴുവൻ ഒരു വൈഭവം അല്ലേ വിഷ്ണു സഹസ്ത്രനാമത്തിൽ ഭഗവാന്റെ നാമം ഫസ്റ്റ് പേര് തന്നെ വിശ്വാ വിശ്വസ്മൈ നമുച്ചാൽ എല്ലാമായിട്ടുള്ളവന് നമസ്കാരം അത് ആദ്യം പറയാൻ പാടില്ല പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് സാക്ഷാത്തായിട്ട് അറിയുമ്പോൾ എന്തിനെ കാണുമ്പോഴും ഒരു സമാധിസ്ഥിതി വരണം ഒരു ആനന്ദം വരണം ുഖം പോലും വേദന പോലും വിഷമം പോലും അപ്പൊ സംസാരത്തിൽ പിന്നെ ഒന്നും അവോയ്ഡ് ചെയ്യാനേ ഇല്ല ദുഃഖം ഒക്കെ ഉണ്ടോ ഇരുന്നോട്ടെ എന്താ അതും ഒരു ഈശ്വരന്റെ സ്വരൂപ്പാണ് പല വിധത്തിൽ വിഷമം മഹാവ്യാധികള് യോഗവാസിഷ്ടത്തില് ദേവപൂജാ ഉപാഖ്യാനം എന്ന് പറഞ്ഞു വസിഷ്ഠം ചെയ്യും വ്യാധിയൊക്കെ വരുമ്പോ ഞാനിക്ക് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അതും ഒരു അനുഭവം എന്താ ഒരു നല്ല ആരോഗ്യം ഒരു അനുഭവം നമ്മൾ സ്വീകരിച്ചില്ലേ ഇതും സ്വീകരിക്കാമല്ലോ എന്നാണ് നമുക്ക് വിഷമം മുഴുവൻ എവിടെയാന്ന് വെച്ചാൽ ഇത് വരാൻ പാടില്ല പേടിയാണ് ഏറ്റവും വലിയ വിഷമം വന്നു കഴിഞ്ഞാൽ വന്നുവല്ലോ എനിക്ക് വന്നുവല്ലോ എനിക്ക് വന്നു പോട്ടെ അവസാനം ചത്തു പോകുമ്പോഴും അതും ഒരു അനുഭവം മൃത്യു എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്നത് നല്ല അടപ്രഥമെന്നാണ് യസ്യ ഉപസേചനവും അതൊരു നല്ല ടേസ്റ്റാണ് ശരിക്കും ജ്ഞാനിയുടെ മാത്രം അനുഭവം ഇത് പലർക്കും വയസ്സാവുമ്പോ കുറെ കഴിയുമ്പോ വയ്യാതാവുമ്പോ മരണത്തിന് അങ്ങനെ നല്ല വിശപ്പിന് ഇപ്പൊ നല്ല സദ്യക്ക് പല വിധത്തിലുള്ള പെരുമാറി ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇലയിട്ടിട്ട് പെരുമാറാതിരുന്നാൽ എങ്ങനെയുണ്ടാവും അതിന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന പോലെയാണ് ചിലർക്കൊക്കെ അവസാനാവുമ്പോൾ ആഹ് കിട്ടില്ലേന്നാണ് അപ്പോഴറിയാം മൃത്യു തള്ളിക്കളയേണ്ട ഒരു സാധനമല്ല ഒരു ശരീരമില്ലാത്ത ഒരു അല്ലേ സുഷുപ്തി ഉറങ്ങുമ്പോ തന്നെ എന്തോരു സുഖം നോക്കൂ തന്നെ എന്തോ സുഖം ഈ ശാസ്ത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ എന്റെയൊക്കെ അനുഭവമാണ് ഉറങ്ങുമ്പോ തന്നെ നല്ല സുഖം അതേപോലെ അവസാനാവുമ്പോ മൃത്യുവിനൊന്നും ഭയപ്പെടാനില്ല നല്ല സുഖം ഭാഗവതത്തില് ശുക്രാചാര്യൊരു വിദ്യ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞൊരു കഥയുണ്ട് മരിച്ചവരെയൊക്കെ എണീപ്പിച്ചു വിടാം അപ്പൊ അസുരന്മാരൊക്കെ അട്ടിപ്പിട്ടി ബഹളായത്രേ മരിക്കാൻ വേണ്ടിട്ട് അവരൊക്കെ പറയാം എന്തു സുഖം അറിയുമോ എന്നാണ് ഞാൻ മുമ്പില് ഞാൻ മുമ്പില് പറഞ്ഞ് മരിക്കാൻ തയ്യാറാവാണെത്രേ നാ നാമദേവ് മഹാരാഷ്ട്രത്തിലെ ഒരു ഭക്തന്റെ ഒരു പാട്ട് ഒരടുത്ത് ട്രാൻസ്ലേഷൻ വായിച്ചു ഞാൻ മരിച്ച് ജനിച്ചു എന്തു സുഖ അപ്പോന്നു എല്ലാ മഹാത്മാക്കളും ഒരിക്കലും മരിച്ചു ജനിക്കണവരാണ് മരണത്തിലൂടെ പുറത്തു വന്നു കഴിയുമ്പോ അവർക്കറിയാം മരണം എന്താണ് ശരീരമില്ലായും എന്താണ് മനസ്സില്ലായ്മ എന്താണ് നത്തി ലാസ്റ്റ് അഭാവകരണം ഭൂതപ്രകൃതി മോക്ഷം എന്നൊക്കെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞതാണ് അഭാവകരണം ഇതൊന്നും ഞാൻ പൂർണമായിട്ടിരിക്കണം ആ പൂർണത്വത്തിന്റെ രുചി ഒരു ടേസ്റ്റ് ആ ടേസ്റ്റാണ് ഈശ്വരന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞത് അമൃതം എന്ന് പറഞ്ഞതാണ് ആ അമൃതത്തിനെ രുചിച്ച ആള് ധന്യനാണ് ലോകത്തില് വ്യവഹരിക്കുമ്പോൾ വിശ്വത്തിനെ മുഴുവൻ ഭഗവാനിൽ നിന്ന് അന്യമല്ലാതെ കാണുന്നതാണ് വിശ്വരൂപദർശനം ആ വിശ്വരൂപദർശനത്തിനെയാണ് നമ്മൾ ഈ പ്രാവശ്യം കാണാൻ പോണത് ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു എല്ലാം ഞാനാണ് അർജുന യദ് വിഭൂതിമത്സത്വം ശ്രീമതൂർജിതമേവ തത്തദേവ അവഗത്വം മമ തേജോംശ സംഭവം എല്ലാം ഞാനാണ് അപ്പൊ മൃത്യു എന്ന് പറഞ്ഞല്ലോ അതൊക്കെ ഞാൻ സങ്കരിഹിച്ചതാ മൃത്യുഹു സർവഹരശാഹം എല്ലാരെയും കൊണ്ടുപോകുന്ന ഈ മൃത്യു അർജുന എന്റെ സ്വരൂപമാണ് ഞാൻ തന്നെയാണത് കീർത്തി ശ്രീ വാക്ക് എല്ലാം ഞാനാണ് എന്ന് ഭഗവാൻ എല്ലാം കഴിഞ്ഞ് അദ്ധ്യായത്തിൽ പറഞ്ഞിട്ട് അവസാനം സംഗ്രഹിച്ചു പറഞ്ഞു അഥവാ ബഹുനെയ്തേന് കിം ഞാത്തേന തവ അർജുന ഭഗവാൻ ചോദിക്കുക അർജുന എന്തിനാ ഇപ്പൊ ഒരുപാടൊക്കെ പുസ്തകം പഠിക്കണതെന്ന് ഒരുപാടൊന്നീ മനസ്സിലാക്കണ്ട ക്യും ഞാത്തേന ചില അറിയണ അറിയണം അറിയ തലയിൽ ഒരു ചോർച്ചൽ പോലെയാണ് എന്താ കൃം ഞാത്തേന അഥവാ അർജുന വിഷ്ടവ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതി ഈ ജഗത്ത് മുഴുവൻ എന്റെ ഒരു അംശമേ ആയിട്ടുള്ള ഉപാഹ പാദോശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവ വിശ്വം മുഴുവൻ ഒരു പാദം ൊക്കെ എവിടെയോ കിടക്കുന്നു അപ്പൊ അർജുനന്റെ ഔദ്യ്യം കൂടി എല്ലാ അപൂർണമായ ഒരു കൃഷ്ണദർശനം സാധ്യമാവോ എന്നാണ് അർജുനൻ ഇവിടെ ചോദിക്കുന്നത് ഭഗവതോ വിഭൂതയ ഉക്തവ്യഹം ഇതം കൃഷ്ണമേകാംശന സ്ഥിതോ ജഗത് ഇ ഭഗതാഭിഹിതം ശ്രുവാ യജ്ജാത്മ ൂപം ആദ്യം ഐശ്വരം തത് സാക്ഷാത്കർത്ത അർജുന ഉവാച ക്ഷാത്കാരം അല്ലേ ഒരു വിധത്തിൽ പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരത്തിന് ശേഷം ഈശ്വര സാക്ഷാത്കാരം ഞാൻക്ക് ആത്മാവിനെ അറിഞ്ഞുകഴിയുമ്പോ ഈശ്വര സാക്ഷാത്കാരം സെപ്പറേറ്റ് അല്ല വ്യവഹരിക്കുമ്പോ കണ്ണു തുറന്നു നോക്കുമ്പോ ഇത് മുഴുവൻ അകത്ത് താൻ സമാധിസ്ഥിതിയിൽ കണ്ട ചിത്തിന്റെ ശക്തിവിശേഷത്തിന്റെ ഒരു പ്രകടനം വൈഭവമാണ് എന്ന് കാണാൻ കഴിയും അപ്പൊ അതിനെക്കുറിച്ച് അറിയാനായിട്ട് അർജുനൻ ഒരു ആശ ഒരു കംപ്ലീറ്റ് ജ്ഞാനം അതായത് ഈ പ്രപഞ്ചമെന്ന് പറയുമ്പോൾ പാരഡോക്സാണ് കോൺട്രഡിക്ഷൻസ് ആണ് നമ്മൾ വിചാരിക്കണൊക്കെ നല്ലതായിട്ടിരിക്കണം എന്ന് അങ്ങനെയാണോ ഇപ്പൊ ലോകം അല്ലേ എന്തൊക്കെ ഭയങ്കര ഭയങ്കരമായ അനുഭവങ്ങളാണ് ലോകത്തിൽ നടക്കുന്നത് ആരൊക്കെയോ ജനിക്കണോ ആരൊക്കെയോ മരിക്കണു എത്രയോ പേരെ കൊല്ലണു സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണു ലോകത്ത് നോക്കും നിങ്ങള് വെട്ടി വെച്ചുകൊണ്ടിരിക്ക പരസ്പരം തല്ലും കൊല്ലും വെട്ടും കുത്തും ഒക്കെ ചെയ്യാണ് എന്താ ദുഃഖം നോക്കിയിട്ടാണ് ചില ആളുകൾ പറഞ്ഞത് ഈശ്വരൻ ഒന്നുമില്ല ഈശ്വരനുണ്ടെങ്കിൽ ഈശ്വരനോട് പോയി ചോദിച്ച ഈശ്വരൻ പറയണത് വെട്ടുന്നവനും ഞാൻ കുത്തുന്നവനും ഞാൻ ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞതും ഞാൻ എല്ലാവരുടെ രൂപത്തിലും ഇരിക്കണത് ഇതൊക്കെ തന്നെ ഒരു തിരുക്കൂത്ത് തിരുവിളയാടൽ അങ്ങനെ ആ ഈശ്വരന്റെ ആ ശക്തി വിശേഷമാണ് ഇവിടെ കാണുന്നത് അത് കാണാൻ ഇച്ഛിച്ചുകൊണ്ട് അർജുനൻ പറയാണ് ഭഗവാനെ എനിക്ക് യോഗ്യത ഉണ്ടെങ്കിൽ കാണിച്ചിരുന്നു ഇതിപ്പോ ശരിക്കും സാധന ചെയ്ത് ആത്മവിചാരം ചെയ്ത് ജ്ഞാനസ്ഥിതി നേടിയിട്ടല്ല കാണാൻ ആഗ്രഹിക്കുന്നത് ചെറിയ ഒരു ഞൊടുക്ക് വിദ്യ കൊണ്ട് അറിയാൻ ശ്രമിക്കണം അതുകൊണ്ട് തന്നെ പേടിച്ചുപോയി ഈ വിശ്വരൂപ ദർശനം സാക്ഷാത്കാരത്തിലൂടെ ജ്ഞാനികൾ നേടുന്നത് വരെ ഈശ്വരന്റെയോ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് ചിലപ്പോഴൊക്കെ കിട്ടും അങ്ങനെ കിട്ടിയ വിട്ടുകാണുന്നതുകൊണ്ട് ഭയന്നു പോകും നമ്മൾ അതുകൊണ്ട് പലതും ഈശ്വരൻ നമുക്ക് കാണിച്ചു തരാതിരിക്കുക ചില അറിവൊക്കെ നമുക്ക് കിട്ടിയാൽ നമുക്ക് സഹിക്കില്ല കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു അതിന് മുമ്പത്തെ ജന്മത്തിൽ എന്തായിരുന്നു ഒക്കെ അറിഞ്ഞാൽ മഹാബുദ്ധിമുട്ടാവും ഒരു ഭക്തൻ പാടി ഓരോ ഒരുപാട് ജന്മങ്ങൾ ഞാൻ കണ്ടുവന്നാണ് പുല്ലാഹി പൂടാ ബുദ്ധന് സാക്ഷാത്കാരം ഉണ്ടായപ്പോ അവര് ബുദ്ധന്റെ ചരിത്രം പറയണത് തൊണ്ണൂ തൊള്ളായിരം ജന്മങ്ങൾ കണ്ടു എന്നാണ് ഏകദേശം എന്തൊക്കെയോ ആയിരുന്നു അദ്ദേഹം അങ്ങനത്തെ തപസ്സുകളൊക്കെ കുറെ ചെയ്തിട്ടുണ്ടേ അപ്പൊ കുറെ തൊള്ളായിരത്തോളം ജന്മങ്ങളിലൂടെ ഉള്ള യാത്രയൊക്കെ കണ്ടു ആട് പൂച്ച പുലി നരി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ജന്മങ്ങൾ പുല്ലാഹി പൂടായി പുഴുവായി മരമാകി പൽവറുഗമാകി പറവയായി പാമ്പായി കല്ലായി വനിതരായി പേയായി ഗണങ്ങളാകെ ആ പെർഫെക്ഷന് ഒരുപാട് ഓർഗാനിസംസിലൂടെ എങ്ങനെ വരുന്നത് ചില യോഗികൾക്ക് ചിലപ്പോൾ ദർശനം ഉണ്ടാവും അതിന് നമ്മൾ പക്വുമല്ലെങ്കിൽ വല്ലാതെ പേടിച്ചു പോകും ഈ ലിമിറ്റഡ് ബ്രെയിൻ വെച്ചുകൊണ്ട് അതിനകത്തേക്ക് എൻട്രി ഇല്ല ഈ ബ്രെയിൻ അങ്ങോട്ട് എടുത്തിട്ട് അഖണ്ഡമായ ഈശ്വരന്റെ അനുഗ്രഹ ദൃഷ്ടി കൊണ്ട് വേണം അതിനെ കാണാൻ അതാണ് भगवान ഭഗവാൻ പറഞ്ഞത് ദേവന്മാർഗ് പോലും ഇതൊന്നും കിട്ടിയിട്ടില്ല അർജുനാന്ന് പറഞ്ഞു അവര് പോലും വിഷമിച്ചിരിക്കുകയാണ് കാരണം അങ്ങനെ കാണാനുള്ള വകുപ്പില്ലേ അവിടെ അപ്പൊ അർജുനൻ ചോദിക്കുന്നു അപ്പോ നോക്കൂ അർജുനോ വാച മതനുഗ്രഹായ പരമം ഗുഹ്യമധ്യാത്മസിതം യത്വയോക്തം വചസ്തേന മാ അർജുന ഉവാച അർജുനൻ പറഞ്ഞു പത്ത് അധ്യായം ഭഗവാന്റെ അടുത്തുനിന്ന് കേട്ടു കഴിഞ്ഞു നമ്മളുമൊക്കെ കേട്ടുകഴിഞ്ഞു അല്ലെ പത്ത് അധ്യായം അർജുനൻ പറയണത് മത അനുഗ്രഹായ എനിക്ക് അനുഗ്രഹം ചെയ്യാനായിക്കൊണ്ട് പരമം ഗുഹ്യം ഏറ്റവും വലിയ ഒരു രഹസ്യം അതിന്റെ പേരെന്താ അധ്യാത്മസീതം അധ്യാത്മജ്ഞാനമാകുന്ന ഈ രഹസ്യത്തിന് യഹ യത്വയാക്തം യാതൊന്നാണോ അങ്ങയാൽ പറയപ്പെട്ടത് വചഹ ആ വാക്കുകൊണ്ട് തേന വചസ അയം മോഹ എന്റെ ഈ മോഹം ജീവിതത്തിനോടുള്ള ഈ കൊതി ആഗ്രഹം വാസന വിഗത പതുക്കെ വിട്ടുപോയിരിക്കണു ഭഗവാനെ എന്നെ വിട്ടുപോയിരിക്കുന്നു അവിവേകുദ്ധി അപഗത എന്നെ വിട്ടുപോയിരിക്കുന്നു ഇത്രയും പറഞ്ഞ് അതുമാത്രല്ല നോക്കൂ ഭവാപ്യയോ ഹി ഭൂത ശ്രുതൗ വിരശോമയാത്തമലപത്രാക്ഷ എങ്ങനെ ഉദിക്കുന്നു നിൽക്കുന്നു ലയിക്കുന്നു ഇതൊക്കെ ഭഗവാനെ അങ്ങേടെ അടുത്തെന്ന് ഞാൻ കേട്ടു സംക്ഷേപത ുതവും കേൾക്കപ്പെട്ടു ജനനവും ഭഗവാന്റെ അടുത്തു നിന്നാണ് ലയമും ഭഗവാന്റെ അടുത്താണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി അവിടുത്തെ മാഹാത്മ്യവും ഞാൻ ഈ വിഭൂതിയോഗത്തിൽ കേട്ടു ഈശ്വരന്റെ മഹിമയും പല രൂപത്തിൽ എന്തൊക്കെ രൂപത്തിൽ പ്രകാശിക്കുന്നുവെന്നും ആത്മാവായി പ്രകാശിക്കുന്നുവെന്നും ഒക്കെ തന്നെ കേട്ടു കേട്ടു കഴിഞ്ഞപ്പോ എന്താ റിക്വസ്റ്റ് ആഗ്രഹമെന്താ എന്ന് വെച്ചാൽ അതാണ് അടുത്ത ശ്ലോകം ഏവേതൃതാ ആത്മാനം ദ്രഷുച്ഛാമി തേശ്വരം പുരുഷോത്ത ഭഗവാന്റെ അടുത്ത് പറയാണ് ഹേ പുരുഷോത്തമ പുരുഷശ്രേഷ്ഠ ഹേ ഈശ്വര യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര എങ്ങനെ പറഞ്ഞു അങ്ങനെ തന്നെ ഹേ പരമേശ്വര ഹേ ഈശ്വര തേ ൂപം ദ്രഷ്ടിച്ഛാമി അങ്ങയുടെ ആ ദിവ്യ ഐശ്വരം റൂപം ദ്രഷ്ടം ഇച്ഛാമി ആ ഈശ്വരസ്വരൂപത്തിനെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ ജ്ഞാന ഐശ്വര്യ ബല ശക്തി ശക്തി വീര്യ തേജോഭിഹി സമ്പന്നം ഐശ്വരം വൈഷ്ണവം രൂപം സർവവ്യാപിയായിട്ടുള്ള ജ്ഞാനം ഐശ്വര്യം ശക്തി ബലം തേജസ് വീര്യം എന്നുള്ളതോടുകൂടി സമ്പന്നം ഇതാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈ ആറിന് ഉള്ളതാണ് ജ്ഞാനം ഐശ്വര്യം ബലം ശക്തി വീര്യം തേജസ് ഈ ആറിനെയും ചേർത്തി ഭഗം എന്ന് പറയും ആ ഭഗം ആർക്കുണ്ടോ അത് ഭഗവാൻ ജ്ഞാനുണ്ടാവണം ശക്തി ഉണ്ടാവണം ഐശ്വര്യം ഉണ്ടാവണം ബലമുണ്ടാവണം വീര്യം തേജസ് ഈ ഇതെല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവിടുത്തെ ദിവ്യരൂപം അങ്ങനെ ഒന്നും നമ്മൾ കാണുന്നില്ലല്ലോ ലോകത്തിലെ എല്ലാം അൻലിമിറ്റഡ് ആണ് എല്ലാത്തിലും അറിവില്ല ശക്തി വിശേഷമില്ല തേജസ് ഇല്ല അത് ഇത്തിരി വിഭൂതി എന്ന് പറയുന്നു ഇതുകൊണ്ട് സമ്പന്നമായിട്ടുള്ള ഈശ്വരന്റെ സ്വരൂപം അപൂർണ വസ്തുവിന്റെ സ്വരൂപം ശക്തിയായിട്ട് നമുക്ക് ശക്തി ഇതൊക്കെ ശക്തിയാണ് ജ്ഞാനം ഒരു ശക്തിയാണ് ആത്മജ്ഞാനം ജ്ഞപ്തി ബോധത്തിന്റെ സ്വരൂപം പ്രകടനമാവുമ്പോൾ അതിചിത്കലയാണ് അതൊരു ശക്തിയാണ് ഐശ്വര്യം തേജസ് ബലം ഇതൊക്കെ കൊണ്ടുള്ള ീശ്വരസ്വരൂപത്തിനെ സാക്ഷാത്കരിക്കാനായി എനിക്ക് അർഹതയുണ്ടെങ്കിൽ ഭഗവാനെ കാണിച്ചു തരൂ കണ്ണു തുറന്ന് ഇന്ദ്രിയവേദ്യമായ പ്രപഞ്ചമണ്ഡലത്തില് ഞാൻ അവിടുത്തെ സാക്ഷാത്തായിട്ട് കാണാൻ ആശിക്കുന്നു ത്രിപുടിഹീനമായി കാണാൻ ആശിക്കുന്നു ഇതോ ധ്യാനിച്ച് സമാധിസ്ഥിതിയിൽ മാത്രമല്ല കണ്ണു തുറന്ന് വിശ്വം കാണുമ്പോ ഇവിടെ മുഴുവനും എല്ലാത്തിലുമായിട്ട് വീക്ഷാം മേ ദിശാക്ഷുഷീം സ കരുണാം ദിവ്യൈ ചിരം പ്രാർത്ഥിതാം ശംഭോ ലോകഗുരോ മതീയ മനസഹ സൗഖ്യോപദേശം കണ്ണുകൾ കൊണ്ട് കാണുന്നതാണ് ചാക്ഷുഷി ചാക്ഷുഷി ദീക്ഷാം കുരു എന്നും പറയാം ദീക്ഷാമേ ദിശ ചാക്ഷുഷിൻ അവിടുത്തെ ദീക്ഷ കൊണ്ട് ദീക്ഷാമേ ദിശ എനിക്ക് കണ്ണു തുറന്നുകൊണ്ട് തന്നെ പ്രപഞ്ചം കാണുമ്പോ ഇവിടെ എല്ലാത്തിലും ഐ ഹാവ് ടു സീ ദ ഡിവൈൻ പ്രസൻസ് അതൊരു ആനന്ദ സ്ഥിതി അല്ലേ അതിലാണോ നമ്മള് മഹാപുരുഷന്മാരുടെ പൂർണത്വം കാണുക എന്ത് കണ്ടാലും ഒരു ആനന്ദം നദി കണ്ടാലും മല കണ്ടാലും മരം കണ്ടാലും സ്ത്രീയെ കണ്ടാലും പുരുഷനെ കണ്ടാലും കുട്ടികളെ കണ്ടാലും നല്ലതച്ചി ഒരു ദോഷ ദൃഷ്ടി അവരുടെ ഉള്ളിലില്ല എല്ലാത്തിൻ്റെ ഉള്ളിലും ആ ഈശ്വര സ്ഫൂർത്തിയെ ഒരു പ്രത്യേക രീതിയിൽ ഏതോ ചമത്കാരത്തിൽ കണ്ടു കണ്ട് കണ്ട് കണ്ട് അനുഭവിക്കുന്ന ഒരു സമാധിസ്ഥിതി അത് വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഈ വ്യവഹാരത്തിനൊന്നും വിഷമം ഉണ്ടാവില്ല കാരണം വ്യവഹാരം എന്ന് ശക്തിയാണ് ആ ശക്തിയിൽ മുഴുവൻ ഈശ്വര സാന്നിധ്യത്തിന് എല്ലാ ഫോമിലും നാൾ മാനിഫെസ്റ്റഡ് ഫോം അപ്പോഴാണ് മന്ത്രം ഉപനിഷത് മന്ത്രം അവശിഷ്യത്തെ സമാധിസ്ഥിതിയില് പൂർണ്ണത്തിനെ അനുഭവിച്ചു വ്യവഹാരത്തിൽ വരുമ്പോൾ ഇവിടെ ഒക്കെ പൂർണ്ണം ഈ ശക്തിയുടെ പ്രകടനം മുഴുവൻ പൂർണ്ണം എല്ലാറ്റിലും ഭഗവാനെ കാണുന്നു എല്ലാ രീതിയിലും ഭഗവാനെ കാണുന്നു എന്തു കാണുമ്പോഴും ഞാനിക്ക് സമാധിയാണ് ഏത് കാണുമ്പോഴും ഞാനിക്ക് ഒന്നിനോട് രാഗമോ ദ്വേഷമോ കാമമോ അസൂയോ ചെറിയ ചെറിയ ഒരു വികാരങ്ങളുടെ ഒരു തള്ളിച്ചയ്ക്ക് പകരം അവിടെ പ്രബലമായ വരമ്പില്ലാത്ത ഒരു ഭാവമേ ഉള്ളൂ അതാണ് ആകാശകല്പജ്ഞാനം എന്ന് പറഞ്ഞു അങ്ങനെ ഈശ്വരനെ കാണുന്ന ആ വിദ്യ ആ ചാക്ഷുഷി വിദ്യയെ എനിക്ക് യോഗ്യതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഉപദേശിച്ചു തരു ഭഗവാനെ അതാണ് ഭാഗവത്തിലെ ചതുശോഗി ഭാഗവത്തിൽ ഭഗവാൻ ആശീർവദിച്ച് പറയണ യാവാനഹം യഥാരൂപോ യഥാഭാവോ യൂപ ഗുണകർമ്മ കഥൈവ തത്വവിജ്ഞാന വസ്തു മതഅനുഗ്രഹാദ് അനുഗ്രഹം ഉണ്ട് തത്വജ്ഞാനം ഉണ്ടാവട്ടെ ഞാൻ ആരാണ് എത്രയുണ്ട് എന്തൊക്കെ രൂപത്തിലുണ്ട് എങ്ങനെയുണ്ട് എല്ലാം അതാണ് അർജുനൻ ചോദിക്കണു മന്യസേയതി തക്യം മയാ ദ്രഷ്ടിതി പ്രഭൂ പരമേശ്വര തോമേത്വം ദർശയാത്മാനമവ്യം ഹേ പരമേശ്വര ഹേ സർവേശ്വര ഹേ യോഗേശ്വര മന്യസേ എതി മയാ ദ്രഷ്ടം എനിക്ക് അത് കാണാൻ സാധിക്കുമെന്ന് അവിടത്തേക്ക് തോന്നുന്നുണ്ടെങ്കില് ഹേ പ്രഭോ പരമേശ്വര ദർശയമേത്വം അവിടുന്ന് തന്നെ കരുണ കൊണ്ട് എനിക്ക് ആ രൂപം അലൗകികമായ വിശ്വരൂപത്തിനെ കാണിച്ചു തരൂ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിശ്വരൂപ ദർശനം തരൂ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആത്മാനം ദർശയ അവിടുത്തെ ദിവ്യരൂപം എനിക്ക് പ്രകടിപ്പിച്ചു തരൂ എന്ന് അർജുനൻ വിശ്വരൂപ ദർശനത്തിനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം ഈ തുടർന്ന് നമ്മുടെ വിശ്വരൂപദർശനം നമ്മൾ നാളെ വൈകുന്നേരം കാണാം ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ യോ മമാത്മാഭവസിത്വമേവ് ച്യം മമ കിഞ്ചിതസ്തിയേഷ്ടം കൂരുമാത്മനം ഭ